അധ്യായം ഇരുപത് ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു ആമോസിന്റെ മകനായ യശയ്യ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവി ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാൽ എഷയ്യാവ് നടുപുറ്റം വിട്ടുപോകും മുമ്പേ അവൻ യഹോവിയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ നിന്റെ പിതാവായ ദാവിദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൌഖ്യമാക്കൂ മൂന്നാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകൂ ഞാൻ നിന്റെ ആയുസ്സിനോട് പതിനഞ്ച് കൂട്ടും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്ത് രക്ഷിക്കും പിന്നെ യശയ്യാവ് ഒരു അത്തിപ്പുഴക്കെട്ട കൊണ്ടുവരുവൻ എന്നു പറഞ്ഞു അവർ കൊണ്ടുവന്നു പരുവിൻമേലിട്ടു അവന് സൌഖ്യമായി ഇസ്കിയാവ് യഹോവ എന്നെ സൌഖ്യമാക്കുകയും ഞാൻ മൂന്നാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോകുകയും ചെയ്യുമെന്നതിന് അടയാളമെന്ത് എന്ന് ചോദിച്ചു അതിന് യഷെയ്യാവ് യഹോവ അരുളി കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയെങ്കിൽ നിന്ന് ഇത് നിനക്ക് അടയാളമാകും നിഴൽ പത്തുപടി മുമ്പോട്ടു പോകണമോ പത്തുപടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു അതിന് ഹിസ്കിയാവ് നിഴൽ പത്തുപടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാകുന്നു അങ്ങനെയല്ല നിഴൽ പത്തുപടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഏഷ്യാ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു അവൻ ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ പത്തുപടി പിന്നോക്കം തിരിയുമാറാക്കി ആ കാലത്ത് ബലദാന്റെ മകനായ ബരോദാക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു ഹിസ്കിയാവ് അവരുടെ വാക്കുകേട്ട് തന്റെ ഭണ്ണാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും തന്റെ ആയുധശാലയും തന്റെ ഭണ്ണാരങ്ങളിൽ ഉള്ളതൊക്കെയും അവരെ കാണിച്ചു രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും എന്നാൽ യഷയാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ വന്ന് അവനോട് ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവോ അവർ ദൂരദേശത്തുനിന്ന് ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു എന്റെ പണ്ണാരത്തിൽ ഞാൻ കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്നു പറഞ്ഞു യഷയ്യാവ് ഹിസ്കിയാവോട് പറഞ്ഞത് യഹോവയുടെ വചനം കേൾക്കാം രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചുവെച്ചതും ഒട്ടൊഴിയാതെ ിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ഷണ്ണന്മാരായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു അതിന് ഹിസ്കിയാവ് യശയ്യാവോട് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞ് എന്റെ ജീവകാലത്ത് സമാധാനവും സത്യു ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു ഹിസ്കിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും അവൻ ഒരു കുളവും കൽപ്പാത്തിയും വെള്ളം നഗരത്തിനകത്ത് വരുത്തിയതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ ഹിസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ മനശ്രീ അവന് പകരം രാജാവായി